ധ്യായം മൂന്ന് ഒരു പുരുഷൻ തന്റെ ഭാര്യയെ ഉപേക്ഷിക്കുകയും അവളവനെ വിട്ടുപോയി മറ്റൊരു പുരുഷന് ഭാര്യയായി തീരുകയും ചെയ്ത ശേഷം അവൻ അവളുടെ അടുക്കൽ വീണ്ടും ചെല്ലുമോ അങ്ങനെയുള്ള ദേശം മലിനമായി പോകയില്ലയോ നീയോ പല ജാരന്മാരുമായി പരസംഗം ചെയ്തിരിക്കുന്നു എന്നിട്ടും എന്റെ അടുക്കൽ മടങ്ങി നീ വിചാരിക്കുന്നുവോ എന്ന് യഹോവയുടെ അരുളപ്പാട് മൊട്ടക്കുന്നുകളിലേക്ക് തലപൊക്കി നോക്കുക നീ പരസംഗം ചെയ്യാത്ത സ്ഥലം ഏതുള്ളൂ മരുഭൂമിയിൽ അരാബ്യർ എന്ന നീ വഴികളിൽ അവർക്കായി പതിയിരുന്നു നിന്റെ പരസംഗത്താലും വഷളത്വത്താലും ദേശത്തെ മലിനമാക്കിയിരിക്കുന്നു അതുകൊണ്ട് മഴ നിന്നുപോയി പിന്മഴ പെയ്തതുമില്ല എന്നിട്ടും നീ വേശ്യയുടെ നെറ്റി കാണിച്ച് നാണിക്കാതെയിരിക്കുന്നു നീ ഇന്നുമുതൽ എന്നോട് എന്റെ പിതാവേ നീ എന്റെ യൗവനത്തിലെ സഖിയെന്ന് വിളിച്ചു പറകയില്ലയോ അവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുമോ അവൻ സദാകാലം ദ്വേഷം വെച്ചുകൊണ്ടിരിക്കുമോ എന്നിങ്ങനെ നീ പറഞ്ഞ് ദുഷ്ടതകളെ പ്രവർത്തിച്ച് നിനക്ക് സാധിച്ചുമിരിക്കുന്നു യോശ്യാ രാജാവിന്റെ കാലത്ത് യഹോവയെന്നോട് അരുളി ചെയ്തത് വിശ്വാസത്യാഗിനിയായ ഇസ്രയേൽ ചെയ്തിരിക്കുന്നത് നീ കണ്ടുവോ അവൾ ഉയരമുള്ള എല്ലാ മലമുകളിലും എല്ലാ പച്ചമരത്തിൻ കീഴിലും ചെന്ന് അവിടെ പരസംഗം ചെയ്തു ഇതൊക്കെയും ചെയ്ത ശേഷം അവൾ എന്റെ അടുക്കൽ മടങ്ങിവരുമെന്ന് ഞാൻ വിചാരിച്ചു എന്നാൽ അവൾ മടങ്ങി വന്നില്ല വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി അത് കണ്ടു വിശ്വാസത്യാഗിനിയായ യേൽ വ്യഭിചാരം ചെയ്ത ഹേതുവാൽ തന്നെ ഞാൻ അവളെ ഉപേക്ഷിച്ചു ഉപേക്ഷണപത്രം കൊടുത്തത് വിശ്വാസപാതകിയായ യഹൂദ എന്ന അവളുടെ സഹോദരി കണ്ടിട്ടും ഭയപ്പെടാതെ അവളും ചെന്ന് പരസംഗം ചെയ്തു മനോലഘുത്വത്തോടെ ചെയ്ത അവളുടെ പരസംഗം ഹേതുവായി ദേശം മലിനമായിപ്പോയി കല്ലിനോടും മരത്തോടും അവൾ വ്യഭിചാരം ചെയ്തു ഇതെല്ലാമായിട്ടും വിശ്വാസപാതകിയായ സഹോദരി യഹൂദ കപടമായിട്ടല്ലാതെ പൂർണ്ണ ഹൃദയത്തോടെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വന്നിട്ടില്ല എന്ന് യഹോവയുടെ അരുളപ്പാട് വിശ്വാസത്യാഗിനിയായ ഇസ്രയേൽ വിശ്വാസപാതകിയായ യഹൂദയേക്കാൾ നീതിയുള്ളവളെന്ന് യഹോവയെന്നോട് അരുളി ചെയ്തു നീ ചെന്ന് വടക്കോട്ടു നോക്കി ഈ വചനങ്ങളെ വിളിച്ചു വിശ്വാസത്യാഗിനിയായ ഇസ്രയേലെ മടങ്ങിവരികയെന്ന് യഹോവിയുടെ അരുളപ്പാട് ഞാൻ നിങ്ങളോട് കോപം കാണിക്കുകയില്ല ഞാൻ കരുണയുള്ളവൻ എന്നേക്കും കോപം സംഗ്രഹിക്കുകയുമില്ല എന്ന് യഹോവിയുടെ അരുളപ്പാട് നിന്റെ ദൈവമായ യഹോവിയോട് നീ ദ്രോഹം ചെയ്തു പച്ചമരത്തിൻ കീഴിലൊക്കെയും അന്യന്മാരോട് ദുർമാർഗമായി നടന്നതും എന്റെ വാക്കുകേട്ടനുസരിക്കാതെ ഇരുന്നതുമായ നിന്റെ അകൃത്യം സമ്മതിക്ക മാത്രം ചെയ്യുക എന്ന് യഹോവിയുടെ അരുളപ്പാട് വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങി വരുവിനെന്ന് യഹോവിയുടെ അരുളപ്പാട് ഞാനല്ലോ നിങ്ങളുടെ ഭർത്താവ് ഞാൻ നിങ്ങളെ പട്ടണത്തിൽ ഒരുത്തനെയും വംശത്തിൽ രണ്ടുപേരെയും വീതം എടുത്ത് സിയോനിലേക്ക് കൊണ്ടുവരും ഞാൻ നിങ്ങൾക്ക് എന്റെ മനസ്സിനൊത്ത ഇടയന്മാരെ നൽകും അവർ നിങ്ങളെ ജ്ഞാനത്തോടും ബുദ്ധിയോടും കൂടെ മേയിക്കും അങ്ങനെ നിങ്ങൾ ദേശത്ത് വർധിച്ച് പെരുകുമ്പോൾ ആ കാലത്ത് യഹോവിയുടെ നിയമപ്പെട്ടകമെന്ന് ഇനി പറകയില്ല അത് മനസ്സിൽ വരികയില്ല അതിനെ ഓർക്കയില്ല ചെന്ന് കാണുകയില്ല ഇനി അത് എന്ന് യഹോവിയുടെ അരുളപ്പാട് ആ കാലത്ത് യരിശിലെമിന് യഹോവയുടെ സിംഹാസനമെന്ന് പേരാകും സകല ജാതികളും അവിടേക്ക് യരുസലേമിലേക്ക് തന്നെ യഹോവയുടെ നാമം നിമിത്തം വന്നു ചേരും തങ്ങളുടെ ദുഷ്ടഹൃദയത്തിന്റെ ശാഠ്യപ്രകാരം ഇനി നടക്കുകയുമില്ല ആ കാലത്ത് യഹൂദഗ്രഹം ഇസ്രയേൽ ഗ്രഹത്തോട് ചേർന്ന് അവർ ഒന്നിച്ച് വടക്കേദിക്കിൽ നിന്ന് പുറപ്പെട്ട് ഞാൻ നിങ്ങളുടെ പിതാക്കന്മാർക്ക് അവകാശമായി കൊടുത്ത ദേശത്തേക്ക് വരും ഞാനോ നിന്നെ ദത്തെടുത്ത് നിനക്ക് ജാതികളുടെ അതിഭംഗിയുള്ള അവകാശമായ മനോഹരദേശം നൽകേണ്ടത് എങ്ങനെയെന്ന് വിചാരിച്ചു നീയെന്നെ എന്റെ പിതാവേ എന്നു വിളിക്കും എന്നെ വിട്ടുമാറുകയില്ല എന്നും ഞാൻ വിചാരിച്ചു ഇസ്രയേൽ ഗ്രഹമേ ഒരു ഭാര്യ ഭർത്താവിനോട് വിശ്വാസപാതകം ചെയ്ത് അവനെ വിട്ടുകളയുന്നതുപോലെ നിങ്ങൾ എന്നോട് വിശ്വാസപാതകം ചെയ്തിരിക്കുന്നു എന്ന് യഹോവയുടെ അരുളപ്പാട് ഇസ്രയേൽ മക്കൾ വളഞ്ഞ വഴികളിൽ നടന്ന് തങ്ങളുടെ ദൈവമായ യഹോവയെ മറന്നുകളഞ്ഞതിനാൽ അവർ മൊട്ടക്കുന്നുകളിന്മേൽ കരഞ്ഞു യാചിക്കുന്നത് കേൾക്കുന്നു വിശ്വാസത്യാഗികളായ മക്കളെ മടങ്ങിവരുവിൻ ഞാൻ നിങ്ങളുടെ വിശ്വാസത്യാഗം മാറ്റിത്തരാം ഇതാ ഞങ്ങൾ നിന്റെ അടുക്കൽ വരുന്നു നീ ഞങ്ങളുടെ ദൈവമായ യഹോവയല്ലോ കുന്നുകളും പർവ്വതങ്ങളിലെ കോലാഹലവും വ്യർത്ഥം ഞങ്ങളുടെ ദൈവമായ യഹോവയിൽ മാത്രമേ ഇസ്രയേലിന് രക്ഷയുള്ളൂ ലജ്ജാ ഞങ്ങളുടെ യൌവനം മുതൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ സമ്പാദ്യത്തെയും അവരുടെ ആടുകളെയും കന്നുകാലികളെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും തിന്നുകളഞ്ഞിരിക്കുന്നു ഞങ്ങൾ ഞങ്ങളുടെ ലജ്ജയിൽ തന്നെ കിടക്കട്ടെ ഞങ്ങളുടെ നാണം ഞങ്ങളെ മൂടട്ടെ ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും യൗവനം മുതൽ ഇന്നുവരെയും ഞങ്ങളുടെ ദൈവമായ ഹോവിയോട് പാപം ചെയ്തിരിക്കുന്നു ഞങ്ങളുടെ ദൈവമായ ഈ വാക്ക് കേട്ടനുസരിച്ചിട്ടുമില്ല